셋И DAVID Құұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұұ अनस्य സഹോവാചം മേ नामा തദ്ധ്യന്നോഹവൈനാമ പത്യക്ഷം വെംവിധി അനന്യം ഭവതി വിഭാഗത്തിൽ ചർച്ച ചെയ്യുന്നു പ്രാണന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അതിന്റെ പ്രാണോപാസനയാണ് ഈ പ്രാണൻ മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മുഖ്യമാണ് പ്രാണോപാസന അത് ബ്രഹ്മലോകത്തിലെത്തിക്കും ഭാഷകാരം പറയുന്നുണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങൾ പ്രാണൻ എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ അധിഷ്ഠാന ദേവതകളെ സ്വീകരിക്കണം ആ ദേവതകളും ഒരു ശരീരത്തിൽ ഒരു ജീവനിൽ പ്രത്യേകം പ്രത്യേകം ഭോക്താക്കളുണ്ടെന്ന് സ്വീകരിക്കരുത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഓരോ ദേവതകളും അവരവരുടെ ഇഷ്ടത്തിനൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും അവ്യവസ്ഥിതമായി തീരും ശരീരത്തിൽ അധിഷ്ഠാനമായിരിക്കുന്നത് ഈശ്വരനാണ് ഈശ്വര അധീനമായ ഇതെല്ലാം പ്രവർത്തിക്കുന്നു ഇവയുടെ സ്വാതന്ത്ര്യത്തിനെല്ലാം പരിമിതിയുണ്ട് ഇക്കാര്യങ്ങൾ ഭാഷകാരനൂടെ വിശദീകരിക്കും ഇവിടെ പ്രാണന് സർവുമന്നമാണ് എന്ന് പറയുമ്പോൾ പ്രാണന്റെ ശ്രേഷ്ഠ പ്രാണൻ സർവശ്രേഷ്ഠമാണോ എന്ന് പറയുകയാണ് हो तस्माद्वा, ോവാചേ വാസോ ഭവിഷ്യാപോ തസ് എശിഷ്യന്തരസ്ഥ ഉപരിഷ്ടേ പരിദത്തിവാസോവതി അനഘോഹേ സത്യകാമോ ജാപോ ഗുസ്രുതയ വൈയാഘ്രപ്യേന ശുഷവേ ബ്രൂയാൻ ഗാരന്വേവ അസ് പ്രരുഹേയു പലാശാനിധി ഈ പ്രാണവിദ്യയെക്കുറിച്ച് സത്യകാമൻ തൻ്റെ ശിഷ്യനായ വയ്യാഖ്രപാദ്യായ വയ്യാഖ്രപാദ്യൂശ്രുതി അയാൾക്ക് ഉപദേശിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്ന ഉപദേശിക്കുന്ന ഈ വിദ്യ ഒരു ഉണങ്ങിയ വൃക്ഷത്തിനോട് പറയുകയാണെങ്കിൽ അതിൽ ശാഖകളും തളിരുകളും പൂവും കായും എല്ലാം അത്രമാത്രം ശക്തമാണ് ഉപാസന പദ്ധതി ഇന്ന് പ്രാണനുപാസിക്കുന്ന പറഞ്ഞെന്താണ് പ്രാണന ഉപാസിക്കുന്നത് കൊണ്ട് പ്രാണനില്ലാത്തതിൽ പ്രാണനുണ്ടാവും എന്നാണ് എൻ്റെ താൽപ്പര്യം നിങ്ങൾ പറഞ്ഞല്ലോ ശ്രദ്ധാ തപസ്സുകളോടുകൂടി ആരെങ്കിലും ഉപാസന പദ്ധതി സ്വീകരിക്കുകയും അവര അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മരിച്ചു കഴിഞ്ഞവരാണ് ജീവിപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ താല്പര്യം മൃതശരീരത്തിലും പ്രാണനാവാഹിക്കുന്നതിനവർക്ക് ഒരു ജീവനെ പ്രാണനാവാഹിക്കാൻ അവർക്ക് കഴിയും അത്രമാത്രം ശ്രേഷ്ഠ മണി ഉപാസനം എന്നും അതാണ് മഹാത്മാക്കളസിദ്ധപുരുഷന്മാരെല്ലാം ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാൻ്റെ പൂർവ്വജന്മങ്ങളുടെ ഉപാസനകളുടെ ഫലമാണ് മരിച്ചവരെ ജീവിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധനം കേൾക്കാറുണ്ടല്ലോ അപ്പം അവൻ ഉപാസനാസിദ്ധികൾ അങ്ങനെ സംഭവിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് അഥയ മഹിഗമിഷേ അമാവാസ്യയാം ദക്ഷിത് പൗർണമാസയാം രാത്രോഷധ്യ മന്ധം ദിം അധുന ഉപമധ്യ ജ്യേ ശ്രേയ സൗ ആദ്യ മന്ധേ സംവാദം അവനയത് വഹ്നൗ ആസ മന്ധേ സംവാദം അവന പ്രതിഷ്ഠ ആദ്യ ഹുവാ മന്ധേ സംവാദം അവനയത് സംവേ സ്വഹേതി അഗ്നൗ ആസേ സംവാദം അവനെ ആയതയസ്വാഹ അഗ്നൗ ആ ഹേ സംവാദം അവന ൃപ്പ അഞ്ജലോ മധം മപതി അമോ നമസി അതേം സഹി ജ്യേഷ രാജധിപതി സമാ ജ്യേഷ്ടം अहमे वेदं ഗമയത് അഹമേവേദം അസാനീതി അഥ ഏത് पच्छा ആചാമത്തിണീമ ഇയാച്ചാ മതി വയം ദിവസ ഭോജനമില്ലച്ചാ മതി ശ്രേഷ്ഠം ഇയാച്ചമതിരം ഭഗസ് ധീമഹീതിബതിനിജക്കംസം ചമസം വശാദഗ് സമ്മിശതി ചർമ്മി വണ്ടേം യമോ അപ്രസാഹ സിം പശ്യേ ൾക്ക് അനുകൂലമായൊരു കാര്യം പറയുകയാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കർമ്മത്തെ മനസ്സിലാകാതെ ഈ പറയുന്നൊന്നും മനസ്സിലാകാത്ത കാമ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവര് ആ കർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം സ്വപ്നത്തിൽ സ്ത്രീകളെ കാണുകയാണെങ്കിൽ ആ കർമ്മം നല്ല ഫലത്ത് കൊടുക്കും പൂർണമായ ഫലത്തോ കൊടുക്കും സമൃദ്ധിയും എന്നാണ് ഇവിടെ പറയുന്നത് അതയാളമാണ് കർമ്മ ശരിയായി എന്ന് പറയുന്നത് അതു സ പ്രവാഹണോ ജൈബലിരുവാചേതേതൃഹേയ പഞ്ചാ സമിതിയേയാഹണോ ജൈബലിരുവാച കുമാരാനോ പീതീ ഭഗവൈതി ൾ പറയുന്നത് സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാത്ത എന്തുകൊണ്ടെന്നാണ് ചോദ്യം സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല എന്ന് എങ്ങനെ മനസ്സിലായി അതാണ് എനിക്ക് പിടികിട്ടാത് സത്യകാമനുമായിട്ട് അത്ര അടുത്ത പരിചയമുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത് ഗെറ്റ് ബ്രഹ്മജ്ഞാന് അല്ലെനിക്ക് മറുപടി ഞാനിങ്ങനെയാ പറയുന്നത് സത്യകാമൻ എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ലെന്ന് സത്യകാമന് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും ഇവിടെ പറയുന്നത് ഈ പ്രകടനം മുഴുവൻ ഉപാസനയെ കുറിച്ചാണ് ഉപാസന അതിന്റെ ജ്ഞാനം അതിന്റെ ഫലം അതാണ് ഇവിടെ പറയുന്നത് സത്യകാമന് മോശമാണെന്നൂടെ ഒരിടത്തും അതിനപ്പുറമുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പറയാനും പറ്റത്തില്ല ഇനി പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റും സത്യകാമന്റെ ഉപാസനയെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു സത്യകാമനോട് പറഞ്ഞു ഞാനീ പറയുന്ന വിദ്യ ഇപ്പം നമ്മൾ കേട്ടില്ലേ ഉണങ്ങിയ വൃക്ഷത്തിനോട് പറഞ്ഞാൽ അതിന് തലരും കായും പോകുമെല്ലാം ഉണ്ടാകും അത്രയും ശക്തമായ ഉപാസന രീതിയാണ് അതിൽ തന്നെ പറഞ്ഞു എന്താണോ ഉത്തരായണ മാർഗത്തിലൂടെ അവപാസനം പോകുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു പിന്നെ തിരിച്ചു വരുന്നില്ല പ്രാപിക്കുന്നു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സത്യകാമൻ ജ്ഞാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞതായിട്ടു ഞാനിന്നി അങ്ങനെ പറഞ്ഞു എനിക്കോർമ്മയില്ല അബദ്ധത്തിനങ്ങാനും പറഞ്ഞു പറഞ്ഞെങ്കിൽ അത് പിൻവലിച്ചിരിക്കുന്നു നിരുപാധികൾ സത്യകാമൻ എന്റെ ഉപാസന അതിന്റെ ഫലം ബ്രഹ്മലോക പ്രാപ്തി തിരിച്ചു പറഞ്ഞു അതിൻ്റെ പ്രത്യേകത എന്താണത് സദ്യോമുക്തി അല്ല ഉപാസന പദ്ധതിയാണ് ഉപാസനക്ക് പലതരത്തിലുള്ള ഫലങ്ങളുണ്ട് ലൗകികമായ ഫലങ്ങളുണ്ട് അലൗകീയമായ ഫലങ്ങളുണ്ട് അതെല്ലാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ചോദ്യം എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം പിന്നെ അതുകൊണ്ട് ദോഷമില്ല മലയാളത്തിൽ പറഞ്ഞത് ആദ്യം ഇംഗ്ലീഷ് മനസ്സിലാക്കുക എന്നിട്ട് പിന്നെ ചോദ്യം ചോദിക്കുക ഇവിടെ അടുത്ത് വരുന്നുണേ അരുണ്യ പുത്രനാണ് ആരുണേയൻ സേതഗേതു എന്നും പേരുണ്ട് പഞ്ചാലാനാം സമിതിമേയാലും നമ്മളുടെ ജില്ല എന്ന് പറയുന്നത് ഒരു രാജ്യം അതില് രാജ്യത്തെ മൊത്തം ജനപതം എന്ന് പറയത്തില്ല അവിടെ ജനങ്ങൾ താമസിക്കുന്നതും രാജാവ് താമസിക്കുന്നതും ഇത് കൊട്ടാരമാണ് അവിടെയാണ് സമിതി സഭ വിദ്വസഭ പഴയകാലത്ത് വിദ്വാൻമാരായ രാജാക്കന്മാരുണ്ടായിരുന്നു അവരുടെ രാജ്യത്തിന് അവർ വിദ്വസഭകൾ കൂട്ടിയിരുന്നു അവിടെ പണ്ഡിതന്മാർ വരും ചർച്ച ചെയ്യും അങ്ങനെയുള്ളൊരു സഭയിലേക്ക് ഈ ശേതഗീത് കയറി ചെന്നു തം ആഗതബ പ്രവാഹണോ നാമ്പത്തോ ജീവലസ്യപത്യം ജൈവലി വാച ഇവിടെയൊക്കെ നോക്കുക എല്ലായിടത്തും പറയുമ്പോൾ അച്ഛന്റെ പേര് ചിലതാ പറയുന്നു ജീവനന്റെ അപത്യം ജൈവലി അരുണന്റെ പൗത്തൻ അരുണേൻ ഇങ്ങനെ സത്യകാമൻ മാത്രം അമ്മയുടെ പേരിലെ അറിയാൻ അറിയപ്പെടാൻ പറ്റും ജൈവലൊരു വാചക വനം താണേ കുമാരൂ ത്വാം പിതണംതുവിന്റെ പിതാവ് പ്രസിദ്ധനാണെന്ന് എന്ന് മനസിലാക്കും പ്രസിദ്ധനായൊരാചാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് നിന്നെ നിന്റെ അച്ഛൻ പഠിപ്പിച്ചോ കിം അനുശിഷ്ടസ്ത്വം പിത്ര സാറിന് ഒരിടത്ത് ചെല്ലുമ്പോ ഞാൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ് ഇന്നാരുടെ മകനാണ് ഇത്തരത്തിൽ ഒരു സഭയിൽ ചെല്ലുമ്പോൾ പരിചയപ്പെടുത്തണം ഇന്ന പിറന്നവനാണ് ഇപ്പോൾ തൻ്റെ പേര് പറഞ്ഞു എല്ലാവരും അറിയുന്ന ആളാണ് വിദ്വാനാണ് അതുകൊണ്ട് രാജാവ് ചോദിച്ചു നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിദ്യയെല്ലാം പഠിച്ചോ വിദ്യുക്ത ആഹ നോക്കി അനുശിഷ്ടോസ്മി പക അലയോ മഹാത്മാവി ഭഗവൻ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് ഭഗവൻ കാരണം ഈ ചോദിക്കുന്ന രാജാവ് വിദ്വാനാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ എല്ലാം എന്നെ പഠിപ്പിച്ചു അനുശിഷ്ടോസ് വിദ്യയെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു ഭഗവൈദീ വേദ്ധ യഥാ പുനരാവർത്തീവീ വേദ്ദേവയാനി നഗവൈദീല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ പ്രവാഹണം രണ്ടുമൂന്ന് ചോദ്യങ്ങളു ചോദിച്ചു ംഭോവാചിഷ്ടോ സീ വേരി ഈ പ്രജകളെല്ലാം വെച്ചാൽ ജീവന്മാരെല്ലാം മരിച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത് മരണശേഷം പോകുന്നവനാണ് ചോദിക്കുന്നത് പ്രയന്തി എന്നത് മരിച്ചു പോകുന്നവനാണ് സാധനം തത്കിം ജാനീഷ റിയാമോ ന ഭഗവി ഇത്യാഹ അറിയില്ലല്ലോ ഭഗവാനെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ഇതരുന്ന ജാനേ അഹം തദ്ധതി അങ്ങെന്താണ് ചോദിച്ചത് അതെനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഏവം തർഹി വേദജാനവിഷേധ ഏത് പ്രകാരേണ പുനരാവർത്തനം തെയ്തു രണ്ടാമത്തെ ചോദ്യം ഇവരെങ്ങനെയാണ് തിരിച്ചു മടങ്ങി വരുന്നത് മാർഗം ഇവിടെ ചോദിക്കുന്നത് ദേവയാന പിതൃയാന മാർഗങ്ങളെ സംബന്ധിച്ച് ആ വഴി അത് നിനക്കറിയാമോ രണ്ടാമത്തെ ചോദ്യം എന്നാ ഭഗവീതി പ്രത്യാഹം പറഞ്ഞു അതും എനിക്കറിയില്ല വേദപദയോർ മാർഗയോഹോ സഹപ്രയാണയോർ ദേവയാന പിതൃയാന വ്യാവർത്തന വ്യാവർത്തനം ഇതരേതര വിയോഗസ്ഥാനം സഹകച്ചതാം വിരി ദേവയാനം പിതൃയാനം ഒരു വഴിക്കാ തുടങ്ങുന്നു മധ്യത്തിൽ ചെന്ന് പിരിയുന്നു രണ്ടും രണ്ടു വഴിക്ക് പോകുന്നു ഒന്ന് സത്യലോകത്തിലേക്ക് പോകുന്നു ഒന്ന് ചന്ദ്രലോകത്തിലേക്ക് പോകുന്നു ആ ജംഗ്ഷൻ നിനക്ക് പരിചയമുണ്ടോ പറഞ്ഞു എന്നാ ഭഗവൈരി അതും എനിക്ക് പരിചയമില്ല അവിടെയും ഫെയിലായി സ്വലോക പിതൃസംബന്ധിയും ബഹുബി പരവിനകാരനേ ഇനിയൊരു പരലോകമുണ്ടല്ലോ പിതൃലോകം അവിടെ പോയിട്ട് ആരും തിരിച്ചു വരുന്നു കാണാറില്ല പോയവരെല്ലാം പോയി എന്തുകൊണ്ടതൊന്നറിയുന്നില്ല പോയിട്ട് ഇവിടെ ജനിച്ചവരെല്ലാം മരിച്ചു പോയ ആ സ്ഥലം അവിടെ എന്തുകൊണ്ടും നിറയുന്നില്ല ഹൗസ്ഫുൾ ആകത്ത എന്തുകൊണ്ടാണ് നഗവൈതി എനിക്കതും അറിയത്തില്ല പഞ്ചമ്യം പഞ്ചസ്യാഹു നിവൃത്ത ആഹൂതിസാധനശ്ച ആപുരുഷവചസ പുരുഷീത്യം വച്ചോ അഭിം വ്യാസം ഹൂയമാനം കമേണ ഷഷ്ടാഹൂതിഭൂതാനന്ത പുരുഷവചസസ് പുരുഷ ശബ്ദവച്ചവതി പുരുഷാഖ്യം ലഭം തെയർ ഇനി പറയുന്നത് പഞ്ചാഗ്നി വിദ്യ പഞ്ചാഗ്നിപാസന അഞ്ചെണ്ണത്തിന് പുരുഷോഭാവ ഗോതമാഗ്നി പുരുഷനാണ് ഗോതമാലയോ ഗോതമാലാണ് അഗ്നി എന്നിങ്ങനെ അടുത്ത് രാജ ഉപദേശിക്കുന്ന പഞ്ചാഗ് വിദ്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഒരുപാസണ് അതിൻ്റെ ഫലം അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ച് പരലോകത്ത് പോയി തിരിച്ചു വരുന്നത് എങ്ങനെ വേണ്ടി ശരീരത്തെ സ്വീകരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ആ ഉപാസനയാൻ്റെ ഫലത്തെയും കുറിച്ച് പറയും ഗൃഹസ്ഥന്മാരുടെ ഉപാസനയാണെന്ന് പറയും അതിനെക്കുറിച്ച് നിനക്കറിയാമോ പറയുന്നു ഭഗവ ദ അതും എനിക്കറിയില്ല നീവാഹം അത്ര കിഞ്ചന ജാനാമി അന്ന് ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ സമർത്ഥനല്ല അപ്പോ രാജാവ് ചോദിക്കുകയാണ് അതനു കിമനുസിന്നെ നീ എന്താ പഠിച്ചിട്ട് വന്നു എല്ലാം പഠിച്ചെന്ന് പറഞ്ഞു അവൻ കസ്മാനുശിഷ്ടോ അസ്മീത്യവോ ഉത്ത ഞാൻ ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് നിനക്ക് മറുപടി വരാൻ കഴിയുന്നെങ്കിൽ ഞാൻ പഠിച്ചു എന്ന് നീ എന്താ പറഞ്ഞു യോ ഹിമാനി മയാ പൃഷ്ടി ന വിദ്യ ഈ സഭയിൽ വന്നിട്ട് വിദ്വാൻമാരിന്നഭയിൽ വന്നിട്ട് നീ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടാവുന്നു ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല പിന്നെ നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഇത്യവശ് ഏതു രാജ ആയുസ്ത ആയാസിതം സ്ഥാനമേയായ മാം ഭഗവാൻ സമാവർത്തനകാല അബ്രവീ ഉം അധം അന്വോ ദ് യോ ഹിമാനി വി കഥം സോ അനുശിഷ്ടോ ബ്രുവീത്തെതി സയസ്ഥിരർമേയാംഭോവാസ അനന്ശിഷ്യാവല മാ ഭഗവ്രവീത്തശിഷ്യ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും അറിയാതെ നീ എന്താ പറഞ്ഞെന്ന് കേട്ടപ്പോ ആയാസം ഞാൻ ആയാസപ്പെട്ടു എന്ന് വെച്ചാൽ തളർന്നു പോയി നടക്കും കാരണം വളരെ വിദ്യ അഭിമാനത്തോടുകൂടിയാണ് ചെല്ലുന്നത് പണ്ഡിതന്മാരുടെ സ്വദേശിച്ചു ചെല്ലുന്നത് എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത് അവിടെ ചെന്നെന്തെങ്കിലുമൊക്കെ വിളമ്പാവും പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു പരസ്യമായി ചോദിച്ചു ഒരു ചോദ്യത്തിനും മറിയും പറയാൻ കഴിയാതെ വന്നപ്പോൾ തളർന്നു പോയി പിന്നെ അവിടെ നിന്നില്ല അവിടെ സ്ഥലം വിട്ടു അത് വിദ്യാഭിമാനം കൊണ്ടാണെന്ന് പറയാൻ എന്താ കാരണം അപ്പം ചോദിക്കേണ്ടായിരുന്നു എന്താണ് ഈ ചോദ്യം എനിക്ക് അങ്ങനെ നിന്നൊന്നും മനസ്സിലാക്കണം അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല മറിച്ച് തളർന്നു പോയി തൻ്റെ വിദ്യാഭിമാനത്തിന് ഏറ്റ അടി കൊണ്ട് പയ്യൻ പോയി നേരെ ഓടി തിരിച്ച് വീട്ടിലേക്ക് പിതാവാണെങ്കിലോ റിയപ്പെടുന്ന പണ്ഡിതനാണ് പിതാവിന്റെ പിതൃ അർത്ഥം പിതാവിന്റെ സ്ഥാനത്ത് എന്നെ നേരെ ചെന്നു ചെന്നിട്ട് പിതാവിനോടൊരു തട്ടിക്കയറ്റു അനന് ശിഷ്യമാവെങ്കിൽ ഒന്നും എന്നെ പഠിപ്പിക്കാതെയാണല്ലോ പറഞ്ഞത് ഭഗവാൻ അബ്രവീദ് അനുവാ എന്നെ പഠിപ്പിച്ചെന്നു ഇതെന്താണിപ്പോ സഭയിൽ ചെന്ന് ഞാൻ നാണം കണ്ടില്ലേ എനിക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ ഇപ്പൊ പഠിപ്പിക്കാതെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടില്ലേ വിദ്വാനായിപ്പോയില്ലേ എന്ന് പറഞ്ഞു പിതാവിനോട് തട്ടിക്കയറുകയാണ് അനന് ശിഷ്യമാവകിലമ്മ ഭഗവാൻ അബ്രവീ ഒന്നും പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു ത്വ അശിഷം നീയെല്ലാം പഠിച്ചിരിക്കുന്നു ഇത് അസംബന്ധമാണ് പഞ്ചമ രാജന്യ ബന്ധുപ്രശ്നപ്രാക്ഷി േകഞ്ചന അശകം വിവക്തി സഹോവാച യഥാ ദേദോ യഥാഹമേഷം നൈകഞ്ചന വേദം ഇമാൻ അവേദിഷ്യം കഥം തേക്ഷ്യമിതിന്തുകണ്ട പിതാവിനോട് പോയി പരിഭവം പറഞ്ഞത് ഇത് പഞ്ചപഞ്ചസംഖ്യാകാൻ പ്രശ്നാൻ അഞ്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു മാം എന്നോട് രാജന്യ ബന്ധു രാജന്യ ബന്ധവോ അസീ രാജന്യ ബന്ധു സ്വയം ദ്രുവർത്ഥ ആ രാജന്യ ബന്ധു എന്നോട് അഞ്ച് ചോദ്യം ചോദിച്ചു ഇവിടെ ം പറയാനുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം പറയാതിരിക്കാൻ എനിക്ക് ഒറ്റ പറ്റത്തുമില്ല രാജന്യ ബന്ധവും ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് രാജന്യൻന്ന് വെച്ചാൽ ക്ഷത്രിയൻ എന്നർത്ഥം രാജന്യാ ബന്ധവോ അസ്യം ക്ഷത്രിയന്മാർ ബന്ധുവായിട്ടുള്ളവൻ രാജൻ നിബന്ധു അനു വ്യാഖ്യാനിക്കുന്നതാണ് സ്വയം ദുർവൃത്ത ഈ രാജാവ് ദുർവൃത്തനാണ് ദുർവൃത്തൻ എന്ന് വെച്ചാൽ ദുരാചാരിയാണ് ദുർമാർഗത്തെ സഞ്ചരിക്കുന്നവനാണ് ഇത് ശരിയായ വ്യാഖ്യാനമല്ല കാരണം ഇടയിൻ ചോദിച്ചത് അഞ്ച് ചോദ്യങ്ങളാണ് ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് അടുത്ത ഗവർണ്മെന്റ് തന്നെ ഈ ചോദ്യത്തിന് മറുപടി അറിയാൻ വേണ്ടി പോകുന്നുണ്ട് രാജാവ് ഉപദേശിക്കുന്നുണ്ട് രാജാവ് ഉപാസകനാണ് വിദ്വാനാണ് അങ്ങനെയുള്ള രാജാവിനെ ദുർഭൃത്തനെന്ന് വ്യാഖ്യാനിച്ചു എന്തുകൊണ്ട് രാജന്യ ശബ്ദം വന്നുണ്ട് ക്ഷത്രിയ ശബ്ദം ക്ഷത്രീനെന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ നീചൻ ദുർവൃത്തൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിൽ ഭാഷകാരന് ഉറക്കം വരത്തില്ല അതിനെ കൂടിയും പ്രയോഗിച്ച് അങ്ങനെയൊരു അർത്ഥം എന്തുകൊണ്ടായിക്കൂടാ ദുർവൃത്തൻ അങ്ങനെയൊരു അർത്ഥം ദുർവൃത്തനെന്ന് അർത്ഥമുണ്ട് കാരണം ഇത് സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ് രാജന്യ ബന്ധു അടുത്തഞ്ഞ് വരും ബ്രഹ്മബന്ധു അവിടെ ബ്രഹ്മെന്ന് വെച്ചാൽ ബ്രാഹ്മണൻ ഇതേപോലെ ഇതേപോലെ തന്നെ അവിടെയും പ്രഥം പറയാം ക്ഷത്രിയൻ ബന്ധുക്കളായിട്ടുള്ളവൻ ബ്രാഹ്മണൻ ബന്ധുക്കളായിട്ടുള്ളവൻ ബ്രഹ്മബന്ധു ബ്രഹ്മബന്ധു എന്ന് പറയുന്നത് ഭാഷകാരും വ്യാഖ്യാനിച്ചും ദുർവർത്തനം നേടിയില്ല കാരണം എന്തു ബ്രാഹ്മണനാണ് രാജന് നിബന്ധു ക്ഷത്രി ശബ്ദം വന്നുകൊണ്ട് അവിടെ എന്തു ദുർപുടുത്തനം നമ്മണനായ ഗൌതമൻ പോയി ഉപദേശം സ്വീകരിക്കുന്ന ഒരു ക്ഷത്രിനെ കുറിച്ചാണ് ഗുരുവാണ് അദ്ദേഹത്തെ കുറിച്ചാണ് ദുർപുടുത്തനെന്ന് എഴുതിയത് ആ വ്യാഖ്യാനം ശരിയല്ലെന്നാണ് അഭിപ്രായം പിന്നെ രാജന്യബന്ധനം എന്ന് എന്തിനു പറഞ്ഞു സാറിന്റെ രാജ്യന്റെ ബന്ധുവെന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലല്ല സാറിനെ പറയുന്നു ഒരു ക്ഷത്രിയനെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യത്തിൽ പറയുന്നു ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോഴും പറയും നീ ഒരു ബ്രഹ്മബന്ധു ആകല് എന്ന് വെച്ചാൽ കേവലം നാമത്തിൽ മാത്രം ബ്രാഹ്മണനാകലു എന്ന് പറയും അറിവ് കൊണ്ടും കർമ്മം കൊണ്ടും നീ ബ്രാഹ്മണനാകണം ടുത്ത് പറയും വെറും പേരിന് വെറും നാമധാരിയാകരുത് അതുപോലെ ഇത് വെറും ക്ഷത്രിയനാണ് എന്നാണ് പേരന് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഇയാൾ ജ്ഞാനിയാണോ ശരിക്കും അയാള് ജ്ഞാനിയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ക്ഷത്രിയനായി രാജാവായിരിക്കുന്നു അയാൾ എന്നോട് അങ്ങനെ ചോദിച്ചു രാജന്റെ ബന്ധം അപ്പൊ പേരിന് മാത്രം രാജ ക്ഷായവന് രാജന്യ ബന്ധുവും പറയും പേരിന് മാത്രം ബ്രാഹ്മണനായവനെ ബ്രഹ്മബന്ധുവെന്ന് പറയും എന്തായാലും അതിനു ദുരാചാരി ദുർവർദ്ധന എന്നൊരു അർത്ഥമില്ല പക്ഷെ രണ്ടിടത്ത് രണ്ടുതരത്തിൽ വ്യാഖ്യാനിച്ചു ബ്രഹ്മബന്ധുന്ന് പറയുന്നിടത്ത് ദുർവർദ്ധനെന്ന് വ്യാഖ്യാനിച്ചില്ല രാജന്യ ബന്ധു എന്ന് പറയുന്നവർക്ക് ദുർവർദ്ധനെന്ന് വ്യാഖ്യാനിച്ചു ഇനിയും വരുന്നുണ്ട് കേട്ടോടൻ ഇവിടെ ഇത്ര ഇത്രയും നിർത്തുകയാണ് അപ്രാക്ഷിതും വിശേഷിയാണ് അർത്ഥവ തോന്നുന്നുണ്ടെന്ന് പറയുന്നു പയ്യൻ അച്ഛനോട് പറയുന്നു അതിൽ ഒരു ചോദ്യം പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഉത്തരം സഹോവാചിതം തൻ പ്രശ്നവ്വാൻ അത് വിവക്തം ജാനി ത് ലിംഗേന മമ തദ്വിഷയം അജ്ഞാനം ജാനിഹി പറയുന്നു നാട്ടിൻപുറത്ത് പറയും തടിയവിടെ മോനെ പറയും വര എവിടെ അപ്പ അല്ല വര എവിടെ മോനെ ചോദിച്ചു തടിയെവിടെ അപ്പ മകന് വയസ്സായി തടി പണി ചെയ്യുന്ന വരയിട്ട് വര കാണാൻ പെയ്യ അതുകൊണ്ട് മോൻ്റെ അടുത്ത് ചോദിച്ചു വര എവിടെ മോനെ മോൻ അച്ഛൻ്റെ തടിയെവിടെയാപ്പ അവൻ അത്രയും കാഴ്ചയില്ല തടിയും അവന് കാണാൻ പോയി അച്ഛന് വര മാത്രേ കാണാൻ പോയ്യാതെ തടിയും കാണാൻ പോയ്യ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത് എന്താണോ എനിക്കും ഈ വിവരങ്ങളൊന്നും അറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് അജ്ഞാനേന്റെ ലിങ്കേനാ പറയൂ എന്തായാലും നീ അജ്ഞനാണോ ഇതാണ് അടയാളം തദ്വിഷയം അജ്ഞാനം ഞാനും അജ്ഞനാണെന്നുള്ളതിൽ ഇത് ശിഷ്യൻ അജ്ഞനാണെങ്കിൽ മനസ്സിലാക്കിക്കോളും ഗുരുവും അജ്ഞനാണ് എന്ന് നീ അറിവില്ലാത്തവനാണ് അവര് പൊതുവെ തത്വമായിട്ട് പറയുകയല്ല അപ്പൊ തന്നെ സംബന്ധിച്ച് പറയുകയാണ് ശിഷ്യന്മാരെല്ലാം ഞാൻ ഈളായിക്കൊള്ളണം എന്നൊന്നുമില്ല എന്നാൽ ഇവിടെ പറയുകയാണ് നിനക്ക് നിന്നെ ഞാനാ പഠിപ്പിച്ചത് നിനക്ക് ഈ വിഷയത്തിൽ അറിയില്ല അതുകൊണ്ട് എന്നെ മനസ്സിലാക്കണം എന്താണ് കാരണം നീ വത്സ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പുത്തനായം തന്നെ ഞാൻ അത് ഉപദേശിക്കാതിരിക്കുന്നു കഥം യഥാ ഹാം പ്രശ്നം ഇതിൽ ഒരു ചോദ്യം പോലും ഉത്തരവും എനിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് എല്ലാ മനഃപൂർവ്വം തന്നെ പഠിപ്പിക്കാതിരുന്നൊന്നുമല്ല യഥാർത്ഥം പ്രശ്നാൻ എന്ന ജാനീഷെ ചോദ്യവും മറുപടിയും നിനക്കറിയില്ലല്ലോ അത് തന്നെ എന്റെ സ്ഥിതി എനിക്കും അറിയത്തില്ല അതോ മയ്യ അന്നദാഭാബു അകൃത്യം അതുകൊണ്ട് നീ എന്ന കുറ്റം പറയു അറിഞ്ഞു വെച്ചുകൊണ്ട് പഠിപ്പിച്ചില്ല അങ്ങനെയുണ്ടല്ലോ ശിലാസം പതിനെട്ടാമത്തെ അടവ് പഠിപ്പിക്കത്തില്ല പതിനേഴടവും പഠിപ്പിക്കും അതുപോലെ നീ എന്നെക്കുറിച്ച് ധരിക്കരുത് എനിക്കറിയാവുന്ന എല്ലാം നിനക്ക് പറഞ്ഞു തന്നു എന്നോ കുതയത്യഹം ഇമാൻ പ്രശ്നം അഭ്യധിഷ്യം വിരിതവാൻ അമി കഥം തേ തു സമാവർത്തനകാല പുരാൻ ആവക്ഷ്യം നമുക്ക് ഗോത്രദ രാജ്ഞോ ജയബലേ സമാവർത്തന കാലത്ത് ഞാൻ നിന്നോടെല്ലാം അറിഞ്ഞുകഴിഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ് ഇത് ഞാൻ നിന്നെ ഉപദേശിച്ചില്ല കാരണം ഇതെനിക്ക് അറിയാൻ വയ്യാത്തത് എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്നെ അറിയാൻ ശേഷിക്കുന്നു അതുകൊണ്ട് ഗോതമൻ ഗോത്രത ഗോത്രത്തിൽ ഗോതമനാണ് ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞയാളാണ് പക്ഷേ ഇങ്ങനെ കേട്ടു തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞപ്പോ തിരിച്ച് പറഞ്ഞില്ല ഓ ആ മണ്ടല എന്തെങ്കിലും ചോദ്യം ചോദിച്ചു നീ അതൊന്നും ചെലുത്തിക്കാൻ പോണ്ട ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതിനപ്പുറം ഇനിയൊന്നും നിനക്കറിയാനില്ല അതൊക്കെ അസംബന്ധമാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് ഗോതുമല്ല ബ്രാഹ്മണത്വം കൊണ്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്തു നേരെ ഇനി അത് പഠിച്ചിട്ടുള്ള കാര്യം ഇത്രയും കാലം ഗുരുവായിരുന്നു ഒരുപാട് പേരെ പഠിപ്പിച്ചു പക്ഷെ ഒരു വിദ്യ അറിയില്ലെങ്കിൽ പഠിക്കുക ഗുരുവായാലും പഠിക്കുന്നതിന് ദോഷമൊന്നും നേരെ പോയി ജെയ്ബലയുടെ അർത്ഥം മകനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു നമുക്ക് രണ്ടുപേരും കൂടെ പഠിക്കാം അത് ധൂതമന്റെ മഹത്വം അങ്ങനെ ഈ വിളിച്ചുകൊണ്ട് ജെയ്ബലയുടെ അർത്ഥം സ്ഥാനമേയായ ഗതവാൻ ഇത് പഠിക്കുന്നതിന് വേണ്ടി ത്രയും വലിയ ആചാര്യനായിരുന്നിട്ടും ഇത്രയും ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടും തനിക്കറിയാൻ വയ്യാത്ത കാര്യം മറ്റൊരാൾക്കറിയാമെങ്കിൽ അത് മനസ്സിലാക്കുക അതാണ് മഹത്വം അതുകൊണ്ട് പുത്രനേം കൂട്ടി പഠിക്കാനായി പോയി ഗുരുകുലത്തിലേക്ക് പോയി ഇവിടെ ശ്രുതി ഇതിലൊന്ന് യാതൊരു പക്ഷപാതിത്വവും കാണിക്കുന്നില്ല ആ ക്ഷത്രിയനായ ആ രാജാവ് ഗുരുവാണ് യോഗ്യനാണ് ഗോതമന്റെ യോഗ്യതയും കാണിക്കും ഗൗതമൻ ബ്രാഹ്മണനാണ് പക്ഷെ വിദ്യ പ്രാപിക്കുന്നതിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ ആ ക്ഷത്രിന്റെ അടുത്ത് പോയി ഇതാണ് നമ്മൾ ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭാഷത്തിൽ നിന്ന് വേറെ ചില കാര്യങ്ങളൂടെ മനസ്സിലാക്കേണ്ടി വരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ സഹിച്ചേ പറ്റൂ തസ്മിഹ ഗോതമായ പ്രാപ്തായ അർഹ അർഹനാംസക്കാര കൃതവാൻ ഗോതമൻ ആ രാജ്യസഭയിൽ പ്രവാഹർനറിയ ഇദ്ദേഹം വലിയ ആചാര്യനാണ് ഗുരുവാണ് അദ്ദേഹത്തെ ബഹുമാനിച്ചു ആദരിച്ചു അർഹാം അർഹണം ചക്കാരൃതമാണ് അപ്പം വിദ്വാൻമാരെ വിദ്വാൻമാരാദരിക്കും ബഹുമാനിക്കും അത് ചെയ്തു സച് സഹഗൌതമോ രാജമോ അർദ്ധം തസ്മേഹപ്രാപ്തായ അർഹചകാരാദ സഭാഗ ഉദേയാം ഹോവാച മാൻഷ്യ ഭഗവൻ ഗൗതമാ ഇത്ത വരം വൃധാരി സഹോവാച തവൈവരാജൻ മനുഷം വിത്തും കുമാരന്ദേഷത താമേമേ ബ്രൂഹീതി സഹകൃബൂ ഇനിയാണ് ശരിയായുള്ള കളി വരുന്നത് സൗതമ കൃതാതിഥ്യ പരേ താ സഭാ സഭാംഗത്തെ അഗൗതമന രാജാവ് ബ്രാഹ്മണനാണ് വിദ്വാനാണ് ഗുരുവാണ് അദ്ദേഹത്തെ യോഗ്യമായ രീതിയിൽ തന്നെ രാജാവ് സ്വീകരിച്ചു കൃതാതിഥ്യ അതിഥി മര്യാദയോടുകൂടി സ്വീകരിച്ചു ഉഷിത്തു അവിടെ താമസിച്ചു പരേധു പ്രാതകാല പിറ്റേ ദിവസം രാവിലെ സഭാകെ സഭാംഗതേ രാജ്ഞി ഉദയായ അങ്ങനെ ഒരു സമയമുണ്ട് രാവിലെ വിദ്വത്സഭ ആ സഭയിൽ രാജാവ് വന്നിരിക്കും വിദ്വാന്മാരെല്ലാം പല ഭാഗത്തു നിന്നും വരും ചർച്ച നടക്കും അങ്ങനെ രാജാവ് ആ സഭയിൽ വന്നു ചേർന്നു ഇവിടെ എന്ത് ചെയ്തു ബോധമനോടെ എത്തി സഭാഗേ സഭാംഗതെ സഭാഗ്യേ എന്നാണ് സഭയിൽ എത്തിച്ചേർന്നപ്പോൾ രാജ്ഞി സഭാഗ്യെന്നാണ് രാജാബാ സഭയിൽ എത്തിച്ചേർന്നപ്പോൾ അന്യേഹി സ്വയം ഗൗതമ രാജാനം ഭാഷകാരൻ വേറെ അർത്ഥം കൂടി പറയുന്നു അവിടെ എല്ലാവരും കൂടി ചേർന്ന് പൂജിച്ചു സഭാകെ എല്ലാവരും അങ്ങനെ പൂജിച്ചോ ഗൗതമൻ എന്ത് ചെയ്തു രാജാവിനോട് ഗതവാൻ പറഞ്ഞു സംഭവമൻ രാജ മാനുഷ്യ ഭഗവൻ ഗോതമോത മനുഷ്യസംബന്ധിനോ വിത്ത ഗ്രാമീർവരം യുദ്ധ കാമമ്പിഥ പ്രാർത്ഥക സാധാരണ രാജസദിൽ ബ്രാഹ്മണൻ ചെല്ലുന്ന അന്നത്തെ കാലത്ത് അവർക്ക് ദക്ഷിണ എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് രാജാക്കന്മാരാണ് ബ്രാഹ്മണരെ സംരക്ഷിച്ചിരുന്നത് അവർ രാജാക്കന്മാരുടെ കൃത്യക്കുകളാണ് പുരോഹിതന്മാരാണ് അവര് വരുമ്പോൾ അവരെ ബഹുമാനിക്കുക അവർക്ക് ദക്ഷിണയും വസ്ത്രവും ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നും മര്യാദയനുസരിച്ച് രാജാവ് ബ്രാഹ്മണനായ ഗൗതമനോട് ചോദിച്ചു അങ്ങക്കെന്ത് ധനമാണ് വേണ്ടത് മനുഷ്യസംബന്ധന വിത്തസി ഗ്രാമാ ഗ്രാമമോ പശുവോ ഹിരണ്യമോ എന്താണോ വേണ്ടത് കമം പണീത പ്രാർത്ഥ ചെയ എന്ത് വേണോ ചോദിച്ചോളൂ ബ്രാഹ്മണനാണ് പുരോഹിതനാണ് വിദ്വാനാണ് തരാൻ സഹോവാചൂതമരാജൻ മാനുഷം വിത്തം പറയുന്നത് ശരി മാനുഷവിത്തം ആണ് പശു ഹിരണ്യ ഗ്രാമങ്ങളെല്ലാം അതെല്ലാം അങ്ങയുടെ കയ്യിലിരിക്കട്ടെ ഞാനിപ്പോ അങ്ങനെ ഭിക്ഷാർത്ഥിയായിട്ട് വന്നവനല്ല ധനത്തിനുവേണ്ടി വന്നവനല്ല ധനകാമനായി വന്നവനല്ല യാമേവ കുമാരസി മമപുത്ര അതേ വാചം പ്രശ്ന പഞ്ചപ്രശ്നക്ഷണ അഭാഷ സി താമേം എന്റെ മകനോട് അങ്ങ് അഞ്ച് ചോദ്യം ചോദിച്ചു അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത് ഞാൻ വിത്തത്തിന് വേണ്ടിയിട്ടല്ല വന്നത് വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് അതെനിക്കറിയണം അതിനു വേണ്ടിയിട്ടാണ് വന്നത് ഇത്വഗോതമേന രാജാ അങ്ങനെ പറഞ്ഞു സഹ കൃത്രി ബഭുവ ഹിന്ദു വിതമിതി ഇവിടെയാണ് ചെറിയ ഒരു ഭാഷകാരൻ ചെറിയൊരു പണിയോട് പണിച്ചിട്ടുണ്ട് മന്ത്രത്തിനെന്താണോ ബഭുവമൻ ബ്രാഹ്മണനായ ഗൗതമൻ വിദ്യയെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ചെന്ന് രാജാവാണെങ്കിലോ വിദ്യാദാതാവായിട്ടിരിക്കണം വിദ്യ ഉപദേശിക്കുന്നവനായിരിക്കണം അപ്പൊ തന്റെ പുത്രനോട് ചോദ്യം ചോദിച്ചു പുത്രൻ വന്ന് തന്നോട് പരിഭവം പറഞ്ഞു തനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അപ്പം അങ്ങനെ ഒരു വിദ്യ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെന്നത് വിദ്യാവ്യസനിയായിട്ടാണ് ചെന്നത് ഗോതമൻ രാജാവ് ഉപദേശിക്കുന്ന അടുത്ത് ഉപദേശിക്കുന്നോണ്ട് എന്നോടുപദേശിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഇതി സഹ കൃത്രി സഹോ വാചാൻ പറഞ്ഞ് സഹ ഇവിടെ സു പറയുന്നുണ്ട് വാസ്തവത്തിൻ മന്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന ഗോതമനെയാണ് ശുഭാഷികാരനെ മാറ്റി രാജാവിനെ നാട്ടി ഇങ്ങനെ ചോദിച്ചിട്ട് രാജാവ് ദുഃഖിച്ചു രാജാവിനെ ദുഃഖിക്കേണ്ട കാര്യം ഗുരുവിനാണ് ദുഃഖം ശിഷ്യനാണോ ദുഃഖം സാമാന്യ ബുദ്ധിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ സഹകൃത്രി ബഹുവ എന്നുള്ളതിന് രാജാവ് അതായത് ഗുരു ദുഃഖിച്ചു എന്തുകൊണ്ട് ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയനായ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നല്ലോ എന്ന് കരുതി ഗുരു ദുഃഖിക്കണം എന്നാണ് മറിച്ച വ്യാഖ്യാനിച്ചു ബ്രൂഹീതി അത് മാത്രം വേണ്ട ജാനശ്രുതി വ്യാഖ്യാനത്തിൽ പറഞ്ഞു ജാനശ്രുതി ദുഃഖത്തോടു കൂടി ചെന്ന് വിദ്യ സ്വീകരിക്കുകയാണ് ദുഃഖത്തോടു കൂടി ചെല്ലുന്നവൻ ശൂദ്രനാണെന്ന് പറഞ്ഞു ഇവിടെ മറിച്ച് ബ്രാഹ്മണനെ ശൂദ്രനാക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വര പറയുന്ന ഭാഗങ്ങളെയെന്നും മനസ്സിലാക്കാം അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ദുഃഖിക്കാൻ രാജാവിന് യാതൊരു സംഗതിയില്ല രാജാവ് സന്തോഷത്തോടു കൂടി വിദ്യ ഉപദേശിക്കുന്നുണ്ട് ദുഃഖിച്ചത് വിദ്യ ആഗ്രഹിച്ചവനെ ദുഃഖം വരും വിദ്യയ്ക്കുള്ള വ്യസനവനാണ് പക്ഷെ ബ്രാഹ്മണനായതുകൊണ്ട് ദുഃഖം പാടില്ല എന്ന് കരുതിവിടെ അതിന് തെളിവായി അടുത്തും പറയുന്നുണ്ട് രാജാവിനെന്തുകൊണ്ട് ദുഃഖമില്ല വെറുതെ പറയുന്നതല്ല ആംഹോവാച യഥാ ത്വം ഗൗതമാ അവദോ യഥേയം നാക് പുരാ വിദ്യാമണി തസ് सर्वेश ോകേഷു ക്ഷത്ര പ്രശാസന അഭൂ തസ്മേഹോവാച സഹകൃത്രിഭൂൻ ദുഃഖിയായി ആര് ഭക്ഷ്യകാലം പെടുന്ന രാജാവ് അപ്രത്യാഖ്യേയും ബ്രാഹ്മണം ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല മന്വാനോ അതാണ് युक्ति, ഗുരുവിനെന്തുകൊണ്ട് ദുഃഖം വന്നു കാരണം ഇവിടെ ശിഷ്യനായി വന്നത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല അതുകൊണ്ട് ദുഃഖം വന്നു ന്യായീന വിദ്യ വക്തവ്യ വിദ്യ ഉപദേശിക്കണം ക്ഷത്രിയൻ ബ്രാഹ്മണൻ ഉപദേശിച്ചു മത്വ ഗൗതമം സ്ഥിരം ദീർഘകാലം വസം ആജ്ഞ ഗുരു എന്ത് ചെയ്തു ക്ഷത്രിയനായ ഗുരു പ്രവാഹണ് ദുഖിച്ചില്ല എന്നുള്ളതിന് തെളിവെന്താണോ ഇവിടെ പറയുന്നു ആജ്ഞാപയാൻ ചാര ആജ്ഞാപിച്ചു എന്നാണ് ശിഷ്യനോട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ദുഃഖിച്ചത് ഗുരുവല്ല ശിഷ്യൻ തന്നെയാണ് അങ്ങനെ ഒരു അപകർഷതാ ബോധമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയും ശിഷ്യനോട് എന്താണ് ആജ്ഞാപിച്ചത് ചിരം വസ നീ ദീർഘകാലം ഇവിടെ താമസിക്കണം എന്നാ പറഞ്ഞത് എന്നിൽ നിന്ന് വിദ്യ സ്വീകരിക്കണമെങ്കിൽ ചിരം വസ ദീർഘകാലം താമസിക്കും എനിക്കൊരു ശിഷ്യനായി ഞാൻ ബ്രാഹ്മണനാണെന്നുള്ള അഭിമാനത്തോടുകൂടി നിന്നൊന്നും കാര്യമില്ല വിദ്യ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മര്യാദ അനുസരിച്ച് സ്വീകരിക്കുന്നു അതുകൊണ്ടവിടെ ഗുരുത്വത്തിന് ഒരു കുറവും വരാതെ തന്നെ പ്രവാഹണം ആജ്ഞാപിച്ചാണ് അങ്ങനെ ആജ്ഞാപിച്ച പ്രവാഹണനെ കുറിച്ചാണ് ശശികാരൻ എഴുതിയത് അവിടെ ദുഃഖിച്ചത് ദുഃഖിച്ച് അങ്ങനെ ആജ്ഞാപിക്കും അതുമാത്രമല്ല എപ്പൂർവം പ്രത്യാഖ്യാതവാൻ രാജ വിദ്യാജ്ഞം ബ്രാഹ്മണൻ ക്ഷമാ അത് മാത്രമല്ല പറയുന്നത് പ്രവാഹണൻ ഗോതമനോട് മാപ്പ് ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് പൂർവം പ്രത്യാഖ്യാതവാന് ആദ്യം വിദ്യയെ നിഷേധിച്ചു എന്നാണ് ഭാഷകാരം പറയുന്നു അവിടെ വിദ്യയെ നിഷേധിച്ചിട്ടില്ല നിനക്കെന്ത് വിത്തമാണ് വേണ്ടതെന്നേ ചോദിച്ചോളൂ വിദ്യ തരത്തിലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഭാഷകാരനോട് എഴുതിയിരിക്കുന്നു പൂർവം പ്രത്യാഘ്യാതവാണ് ആദ്യം നിഷേധിച്ചു പിന്നീട് ചിരം ആജ്ഞാപ്തവാൻ രണ്ടാമത് ആജ്ഞാപിച്ചു ഇനി ഇവിടെ ദീർഘകാലം താമസിക്കുന്നു ആജ്ഞാപിച്ചു ഇപ്പോൾ ക്ഷത്രിയൻ ബ്രാഹ്മണനോട് ആജ്ഞാപിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപീതി ഹേതുവചന വിദ്യ ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ ബ്രാഹ്മണനോട് ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ ഒരു ക്ഷമയും ചോദിക്കുന്നില്ല ആജ്ഞാപിച്ചത് സത്യമാണ് വിദ്യയെ നിഷേധിച്ചിട്ടില്ല പക്ഷേ ക്ഷത്രിയനേക്കാൾ മേളിലാണ് ബ്രാഹ്മണൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം കാണിച്ചിരിക്കുന്നത് ഇതും അസംബന്ധമാണ് ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ആജ്ഞാപിച്ചത് നേരെ തന്നെയാണ് പറഞ്ഞത് ആജ്ഞാപയാനിച്ച കാലശ്രുതി പറയുന്നത് എന്താ പറഞ്ഞു ചിരമ്പസ വളരെ കാലം താമസിച്ചു ശിഷ്യനായി താമസിച്ച് ഗുരു ശിശ്രൂഷയൊക്കെ ചെയ്ത് നീ എനക്ക് അതിൻ്റെ പക്വത വരുമ്പോ ഞാൻ ഉപദേശിക്കാവുന്നേ പറഞ്ഞോളൂ വിദ്യയെ നിഷേധിച്ചു പക്ഷെ ഇവിടെ എന്തു പറയുന്നു ബ്രാഹ്മണനായ ഒരുവൻ വിദ്യ ചോദിച്ചു വന്ന് നിഷേധിച്ചു പിന്നെ അവനോട് ആജ്ഞാപിച്ചത് രണ്ടും ക്ഷത്രിയനായ ഗുരുവിൻ്റെ കുറ്റമാണ് ഗുരു ശിഷ്യനോട് ആജ്ഞാപിക്കുന്ന കുറ്റമെന്ന് പറയാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് ക്ഷത്രിയനായതുകൊണ്ട് അത് കുറ്റമാണ് ക്ഷമ ചോദിക്കുന്നത് ഇവിടെ എവിടെയാണ് ക്ഷമ ചോദിക്കുന്നു ക്ഷമയെന്ന് ചോദിക്കുന്നുണ്ട് ഈ വിദ്യ സ്വീകരിക്കുന്നവരുടെ പക്വത വേണം സ്വാഭാവികമാണ് ഗുരുവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഗുരു സാധാരണ പറയും കുറച്ചു കാലം സേവയൊക്കെ ചെയ്യുക നിനക്കതിന്റെ യോഗ്യത വരുമ്പോൾ ഞാൻ വിദ്യ ഉപദേശിക്കും ഇങ്ങനെ പറയുന്നതിനെന്താ കാരണം ഭക്ഷ്യകാരൻ തന്നെ പറയുന്നു ഇനി അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കും ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കാൻ അവകാശമില്ല വിദ്യ ഉപദേശിക്കാൻ ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ പഠിക്കുന്നതിന് ക്ഷത്രിയനും അവകാശമുണ്ട് പക്ഷെ പഠിപ്പിക്കാൻ അവകാശമുണ്ട് ഗുരുവാകാൻ അവകാശമുണ്ട് ക്ഷത്രിയന് അതിനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ വൈശ്യൻ ശൂദ്രൻ സ്ത്രീ ഇവരുടെയൊക്കെ കാര്യം പറയാനുണ്ട് അവരുടെ കാര്യം പറയാനേ അന്ന് സമൂഹത്തിലെ ഏറ്റവും മേൽത്തിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണൻ അതിന് തൊട്ടു താഴെ ക്ഷത്രിയൻ ആ ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമില്ല എന്നാണ് ഭാഷകാരം പറയുന്നത് പഠിക്കാൻ വേണമെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ ബ്രാഹ്മണൻ തന്നെ പഠിപ്പിക്കണം ഇവിടെ ശ്രുതി എന്താ പറയുന്നത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്തേന്ന് രണ്ടു തരത്തിലും പറയും ശ്രുതി പറയും ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അടുത്തേന്ന് വിദ്യ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്തേന്ന് വിദ്യ സ്വീകരിക്കും ഇതെല്ലാം ശ്രുതിയിലുണ്ട് എല്ലാം ഇങ്ങനെ ഇരിക്കെ പറഞ്ഞിരിക്കണം എന്താണ് ക്ഷത്രിയന് ഉപദേശിക്കാൻ സാധ്യമല്ല സാധാരണ ഭാഷകാലം പറയുമ്പോൾ ചേർത്ത് പറയും സ്ത്രീശൂദന്മാർ ശൂദ്രൻന്ന് മാത്രമല്ല സ്ത്രീശൂദ്രാണോ അവർ പരിഗണത്തിലപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകൾക്ക് ശൂദ്രന്മാർക്കും ഇതിനവകാശമില്ല ഇതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടോ ഭാഷ്യത്തിലുണ്ട് ഏത് ശങ്കരാചാര്യർ പറഞ്ഞെന്ന് എനിക്ക് പരിചയമില്ല ഭാഷയത്തിനതൊക്കെ ഉണ്ട് അത് ഇത് പലർക്കും മനഃപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനിതൊക്കെ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും കാരണം ശങ്കരാചാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ശങ്കരാചാര്യം എല്ലാവരുടെയും ഗുരുവാണ് അങ്ങനെയുള്ള ഒരു ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനഃപ്രയാസമില്ല പക്ഷേ ശങ്കരാചാര്യരോടുള്ള ബഹുമാനക്കുറവ് അല്ല പറയുന്നു പക്ഷെ ഇങ്ങനെ പറയുന്നതിന് എനിക്കൊട്ടും മനഃപ്രയാസമില്ല കാരണം ഇത് ഭാഷകാരൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുന്നു വിശദീകരിക്കുന്നു വിശദീകരിക്കുക മാത്രമല്ല ഇത് അസംബന്ധമാണെന്ന് പറയുന്നു ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല ഇവിടെ ബ്രാഹ്മണൻ ശിഷ്യനാണോ അതുകൊണ്ട് അയാളെ ആജ്ഞാപിച്ചു അതിന് പിന്നെ മാപ്പ് ചോദിക്കുന്നു അങ്ങനെയൊന്നും കൂടെ സംഭവിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യം ജീവിച്ചിരിക്കുന്നു എന്തിനാണ് ക്ഷത്രിയനേക്കാൾ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് കാണിക്ക അത് അനാവശ്യമായ കാര്യമാണ് ആ ശങ്കരക്ക് പറയാം ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് അതിന് ദോഷമൊന്നുമില്ല ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയാം താൻ ജനിച്ച വംശം ശ്രേഷ്ഠമാണെന്ന് ആർക്കും പറയാൻ അവകാശമുണ്ട് അതിലും ദോഷം പക്ഷെ മറ്റെടുത്ത നീചനെന്ന് പറയുന്നതാണ് അവിടെയാണ് നമുക്ക് ചോദിക്കാൻ വയ്യാത്തത് ക്ഷത്രി നീജനാണെന്ന് പറയേണ്ട കാര്യമില്ല ബ്രാഹ്മണശ്രേഷ്ഠം എന്ന് പറഞ്ഞോട്ടെ അവനോട് ജനിച്ച സമുദായ ശ്രേഷ്ഠമെന്ന് അഭിമാനിക്കുന്നതിന് അത്ര കേന്നുമില്ലെങ്കിലും ദോഷമില്ല പക്ഷെ ഇവിടെ മറിച്ച് പറയുന്നു എന്താണ് ഇവിടെ ഗുരു ക്ഷത്രിയനായിപ്പോയത് കൊണ്ട് ശിഷ്യനോട് മാപ്പ ചോദിക്കുന്നു എന്തുകൊണ്ട് ശേഷം ബ്രാഹ്മണനായ ഇതെന്താണ് ഉച്ചനീചത്വത്തെ വളരെ വ്യക്തമായും സാധൂഹിക്കുന്നു അത് അനാവശ്യമായ കാര്യമാണ് ഇത് ദോഷം ചെയ്ത കാര്യമാണെന്നാണ് പറയുന്നത് അല്ല ശങ്കരാചാര്യ ജ്ഞാനിയല്ലേ ത്രികാലജ്ഞാനിയല്ലേ തൃകാലജ്ഞാനിയായ ശങ്കരാചാര്യത്തെ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ എനിക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ടോ ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് ഗുരുവാകാൻ അവകാശമില്ലെന്ന് അത് സമ്മതിക്കുന്നുണ്ടോ അത്രകാലം ഞാൻ ഈടെ വാക്ക് അത് ശങ്കരാചാര്യ സ്ത്രീ ഗുരുവാകാൻ പാടില്ല അത് അംഗീകരിക്കുന്നുണ്ടോ ശങ്കരാചാര്യരുടെ വാക്കിന് അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം കാരണം എനിക്ക് സ്ഥലം പറയണം ഇവിടുന്ന് ഇറക്കി വിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറു കാലഞ്ഞ് ശങ്കരാചാര്യരെ അങ്ങനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റാകൂടും എഴുന്നേറ്റ് എന്നാൽ പോരാ എഴുന്നേറ്റ് നടക്കണം പുറത്തേക്ക് ശങ്കരാചാര്യങ്ങനെ പറഞ്ഞിരിക്കുന്നു ഗുരുവല്ലേ ശങ്കരാചാര്യ പറഞ്ഞു ാര്യത്ത് ശങ്കരാചാര്യ എത്രയോ വലിയ ആണ് ശിവന്റെ തന്നെ അവതാരം അങ്ങനെയുള്ള ഒരാളാണ് ഈ സ്വാമിയാരിടെന്ന് കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു ശങ്കരാചാര്യര് പറഞ്ഞു ഞാൻ ഗീത വിശദീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പലരും ചോദിച്ചതൊക്കെ ശങ്കരാചാര്യ എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു ശങ്കരാചാര്യ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും എന്ന് ചോദിച്ചു എന്തായാലും ആ സംശയം ഇപ്പം തീർന്നിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ ഭാഗത്തുണ്ടല്ലോ ഇപ്പോൾ അത് ബോധ്യമായിരിക്കും ഇനി ഒരു കാര്യം കൂടി പറയാം ബരധാരന്റെ ഭാഷത്തിൽ ശങ്കരായു പറഞ്ഞു ബ്രാഹ്മണൻ അല്ലാതെ വേറെ ആർക്കും സന്യാസത്തിന് അവകാശം ഉണ്ടാകും സന്യാസം സ്വീകരിക്കുക നമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഓർപ്പിക്കുകയാണ് അല്ല ശങ്കരാചാര്യരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചിലർ ശുദ്ധത കൊണ്ടാണ് ശുദ്ധത എന്ന് വെച്ചാൽ അറിവെന്നല്ല അതിൻ്റെ അടുത്തും വിവരൊക്കെ ഇടും അതുകൊണ്ടാണ് ചിലരെങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശങ്കരാചാര്യ ഗുരുവല്ലേ ശങ്കരാചാര്യർ പറഞ്ഞു അവിടെ ബ്രാഹ്മണന് മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ ശരി ബ്രാഹ്മണിന് സന്യസിക്കാൻ യോഗ്യനാണെന്ന് പറയുന്നതിൽ ദോഷം പറഞ്ഞു പക്ഷേ ക്ഷത്രിയാദികൾക്ക് പാടില്ലെന്ന് പറഞ്ഞു അതിന് ശങ്കരാചാര്യ സ്വന്തം ശിഷ്യൻ സുരേശ്വര ആചാര്യ ചോദ്യം ചെയ്തു അത് ശരിയല്ല പറഞ്ഞു ബ്രാഹ്മണനല്ല കുറച്ചുകൂടെ ഒരു കൺസേഷൻ ചെയ്തു ക്ഷത്രിയനും വൈശ്യനും വേദാധികാരമുള്ളവർക്കെല്ലാം സന്യാസമാകാം ശങ്കരാചാര്യ പറഞ്ഞ് ശരിയല്ല എന്ന് സ്വന്ത ശിഷ്യൻ പറഞ്ഞു ശങ്കരാചാര്യൻ്റെ ശുശ്രൂഷ ചെയ്ത് ശങ്കരാചാര്യൽ നിന്ന് വേദാന്തം പഠിച്ച സ്വന്ത ശിഷ്യൻ ശങ്കരാചാര്യ ചോദ്യം ചെയ്തു അപ്പം ഇന്നത്തെ ഈ സ്വാമിയാർ വല്ലതും പറയുന്നില്ലെന്ന് നമുക്ക് തെറ്റ് പറയാൻ പറ്റും എത്രയോ കാലം കഴിഞ്ഞു അപ്പൊ അങ്ങനെ ശങ്കരാചാര്യരുടെ സ്വന്തം ശിഷ്യൻ വിമർശിച്ചുകൊണ്ട് ഇക്കാര്യത്തി അതുകൊണ്ടാണ് ഇത് വായിച്ചിട്ട് ഞാനും പറയുന്നത് ഇത് ശരിയല്ലെന്ന് ബാക്കി ഏതെങ്കിലും ഇന്നത്തെ ആചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആചാര്യന്മാർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വന്തം ശിഷ്യനെ പറയുന്നത് സുരേഷ് രാജഞ്ഞത് ശരിയല്ല അങ്ങനെ പറഞ്ഞത് അതെവിടെ പറഞ്ഞിരിക്കുന്നു ചോദിക്കും അത് അതൊക്കെ വായിച്ചു നോക്കുക പണ്ട് എന്നോട് ചോദിച്ചില്ലേ എവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചോദിക്കാം കാരണം ഇതൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടും ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരോട് ഇതൊന്നും ഇല്ലാത്തവർ എന്ത് ചോദ്യം ചോദിക്കും എവിടെ പറഞ്ഞു ആര് പറഞ്ഞു എന്ത് പറഞ്ഞു അത് ചോദിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് പ്രധാന്യം അതുപോലെ ഇവിടെയും എന്താണോ ബ്രാഹ്മണന്റെ ഉത്കർഷത്തിന് വേണ്ടി മറ്റുള്ളവരെ മോശമാക്കുക ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ട് അത് ശങ്കരാചാര്യ ജ്ഞാനിയാണ് ത്രികാല ജ്ഞാനിയാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ സാധ്യമല്ല അത് സ്വന്തം ശിഷ്യൻ പോലും അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അംഗീകരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സമാനം പറയേണ്ടി വരും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഇനിയുണ്ട് എൻ്റെ അവനാഴിയിലെ അസ്ത്രങ്ങൾ അത് ഞാൻ പുറത്തെടുക്കുന്നില്ല പതിനേഴാമത്തെ ഇടവ് വരെ ഇതുവരെ പറഞ്ഞോട്ടു പന്ത്രണ്ടാമത്തെ ഇടവ് ഇനിയും എന്റെ കയ്യിലുണ്ട് ആരെങ്കിലും വരട്ടെ ചോദിക്കാൻ അപ്പൊ പറയാ നിങ്ങൾക്ക് ഇത്രയും മതി പഠിച്ചവരടുത്ത് പറയാനാണ് ഞാൻ വച്ചിരിക്കുന്നത് പഠിക്കാത്തവരെടുത്ത് പറയാൻ ഇത്രയൊക്കെ മതി ഇതുകൊണ്ട് തന്നെ സാധിക്കാം തൻ നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപേതി ഹേതുവചനോക്കിയ ബ്രാഹ്മണനോട് ഇവിടെ ക്ഷമ ചോദിക്കുന്നു ഗുരു ശിഷ്യനോട് ക്ഷമ ചോദിക്കുക ഇതെവിടെ എന്ത് കാര്യത്തിനായി വരും ജാതിയുടെ പേരിൽ മാത്രം അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനമുണ്ട് സംഭവവാചരാജ ഇവിടെയൊക്കെ പക്ഷികാരൻ ഇഷ്ടം പോലെ നിർലോഭമായി ബ്രാഹ്മണനെ പൊഴ്ത്തുന്നുണ്ടായിക്കോട്ടെ പൊഴുത്തുന്നതിന് വിരോധമുണ്ട് പക്ഷെ ഇല്ലാത്ത കാര്യം പറയരുത് യഥാ ഹേ ഗോതമക്ഷണം വാചം മേ ബ്രൂഹി ബ്രാഹ്മണ സർവ ബ്രാഹ്മണൻ സർവം അറിയുന്നവനം സർവജ്ഞനാണ് ശ്രുതി പറയുന്നതല്ല ഭാഷകാലം പറയുന്നു അറിവില്ലാത്തോണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവൻ സർവജ്ഞനാണ് ഇതിനെന്തിനാ പോയത് ഇവിടെ ഗോതമൻ സ്വയം തന്നെ പറയുന്നു എനിക്കറിയത്തില്ല മകനെ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ബ്രാഹ്മണനായതുകൊണ്ട് പറയുന്ന അവൻ സർവജ്ഞനാണ് എന്ന് ആരെക്കൊണ്ട് പറയിപ്പിക്കുന്നു ക്ഷത്രിയനെ കൊണ്ട് പറയിപ്പിക്കുന്നു ക്ഷത്രിയൻ പറഞ്ഞതായിട്ട് ഭാഷകാലൻ എഴുതുന്നു ബ്രാഹ്മണൻ സർവജ്ഞനാണ് ഇവിടെയാണ് ഭാഷകാരൻ ബ്രാഹ്മണൻ സർവജ്ഞനാണെന്ന് ബ്രാഹ്മണനല്ല പറയുന്നു ക്ഷത്രിയം പറയുന്നു ആര് ഗുരു ശിഷ്യനോട് പറയുന്നു നീ സർവജ്ഞനാണ് സർവജ്ഞനായ നീ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ീ ശൂദ്രന്മാരെ കൊണ്ട് പറയിക്കുന്നതിൽ ശങ്കരാചാര്യ വിജയിച്ചു അതാണ് അറിവില്ലാത്തവനേ അറിവുള്ളവനെന്ന് പറയും സർവവിധിയോ ബ്രാഹ്മണോ വിസ അതാ ഇന്നും ശൂദ്രന്മാർ പറയുന്നില്ല യഥാ ഏനപ്രകാരേണ മാതമ്മ അബദ്ധ അല്ലയോ ഗോദമ നീ എന്നോട് ചോദിച്ചല്ലോ ഈ ഞാനിയുടെ വാക്കുകളാണ് പറയുന്നതെന്നാ പറയുന്നത് എന്ത് ഞാനിയുടെ വാക്കാ പറഞ്ഞത് ഏനപ്രകാരം ഹേ ഗോതമ്മാവത നീ എന്നോട് സംസാരിച്ചൊക്കെ ജ്ഞാനിയുടെ വാക്കാണ് ഗോതമൻ എന്താ പറഞ്ഞു എനിക്കറിവില്ലെന്നാ പറഞ്ഞു ജ്ഞാനം ഉണ്ടെന്നാ പറഞ്ഞു അങ്ങനെ പറഞ്ഞതായിട്ട് ഭാഷകാരം പറയുന്നു താമേ വൈവിദ്യാലക്ഷണം ആചമ്മേ ബ്രൂഹി ശരി ഞാൻ നിനക്ക് ആ വിദ്യ ഉപദേശിക്കാം അതും സമ്മതിക്കുന്നു സർവജ്ഞനാണെന്ന് പറഞ്ഞു പിന്നെ പറയുന്നു അജ്ഞനാണ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം അങ്ങനെയാണല്ലോ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കൂടുതൽ പറയേണ്ടി വരും തത്ര അസ്തി വക്തൃം യഥേന പ്രകാരണ ബ്രാഹ്മണാന്ന ഗതി ഇവിടെ ശ്രുതി പറയുന്നു ബ്രാഹ്മണാന്ന ഗതി ഞാനീ ഉപദേശിക്കുന്ന ഈ വിദ്യ നിനക്ക് മുമ്പ് ഇത് ബ്രാഹ്മണരുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ പറഞ്ഞു സർവവി ബ്രാഹ്മണ ബ്രാഹ്മണൻ സർവജ്ഞനെ ശ്രുതി പറയുന്നു ഈ വിദ്യ അതായത് ഗുരു പറയുകയാണ് നീ ഒരു ബ്രാഹ്മണനാണ് നീ എന്റെ അടുത്ത് വന്നു വിദ്യ സ്വീകരിക്കുന്നതിനാണ് നീ എന്തുകൊണ്ടത് അറിഞ്ഞില്ല ഇന്നുവരെ ഈ ഞാനുപദേശിക്കുന്ന വിദ്യ ബ്രാഹ്മണരുടെ എന്ന് പറഞ്ഞാൽ അത് ക്ഷത്ര പരമ്പരയിലൂടെയാണ് ക്ഷത്രിയുടെ പരമ്പരയിലൂടെയാണ് ഇത് വന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നമുക്കറിയാം ഇപ്പൊ ആദിവാസികളുടെ കയ്യിൽ ചില വിദ്യകളുണ്ടാവും നമുക്കറിയത്തില്ല ഒടി അടിയെന്നൊക്കെ പറയുന്ന ചില വിദ്യകളുണ്ട് നമുക്കറിയാം അറിയത്തില്ല അത് അവർക്കറിയാൻ പറ്റും അതുപോലെ പഴയകാലത്ത് മനുഷ്യർ പല പല ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നപ്പോൾ പല വിദ്യകളും ഓരോ ഗോത്രങ്ങൾക്കും അറിയാമായിരുന്നു അത് വേറൊരാൾക്ക് അറിയത്തില്ല ബ്രാഹ്മണൻ അറിയാവുന്ന വിദ്യ ക്ഷത്രിയനറിയണമെന്നില്ല ക്ഷത്രിയനറിയാവുന്ന ബ്രാഹ്മണ ഗോത്രത്തിൽപ്പെട്ടവർക്ക് അറിയണമെന്നില്ല ഇതായിരുന്നു പഴയ രീതി ആ പരമ്പരയിലൂടെ തന്നെ പടന്നു വന്നിരുന്നു ചിലപ്പോൾ മനഃപൂർവ്വം ചിലർ മറ്റുള്ളവർക്ക് പറയത്തില്ല ചിലവും പരസ്പരവർ അങ്ങനെ കൂടി ചേരാത്തത് കൊണ്ട് വിദ്യ കൈമാറിയിരുന്നില്ല അങ്ങനെയൊക്കെ മുമ്പ് സംഭവിച്ചിരുന്നു അതുകൊണ്ട് അന്നുണ്ടായ ഒരു സ്വാഭാവികമായ കാര്യമാണ് പറയുന്നത് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ടെന്നാണ് ഇത് ക്ഷത്രപരമ്പരയിലൂടെ വന്നാണ് ഇത് സൂര്യൻ ഉപദേശിച്ചു എന്നെല്ലാം പറഞ്ഞിട്ടവിടെ പറയുന്നു ഇമം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിധുഹു ഈ പരമ്പരാപ്രാപ്തമായി വന്ന ഈ വിദ്യ ഇത് രാകേഷിമാരുടെ കയ്യിലിരുന്നാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് അറിയില്ലാത്തവനതല്ല ബ്രാഹ്മണ ഗോത്രത്തിൽ അവർക്കറിയാവുന്ന വിദ്യകളുണ്ടായിരുന്നു ക്ഷത്രീയ ഗോത്രത്തിൽ അവർക്കറിയാവുന്ന ശൂദ്രൻ അവന്റെ വിദ്യ എല്ലാവർക്കും അവരവരുടേതായ വിദ്യ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നീട് അത് കൂടിക്കലർ ചെറുപ്പത് സംരക്ഷിച്ചിരിക്കും കൈ പോവാതിരിക്ക ചെറുട് പറയുന്നു ഇതെല്ലാം ബ്രാഹ്മണനാണ് സംരക്ഷിച്ചത് എല്ലാ വിദ്യകളും അവരുടെ കയ്യിലായിരുന്നു അവരെ സംരക്ഷിച്ചതുകൊണ്ടാണ് നിലനിൽക്കുന്നത് അതല്ല അത് ശരിയുള്ള കാരണം ഇവിടെ ശ്രുതി പറയുന്നു ക്ഷത്രിയെന്ന് സംരക്ഷിച്ചിരുന്ന വിദ്യ ഉണ്ടായിരുന്നു പറയുന്നു ക്ഷത്രിയും വിദ്യകൾ സംരക്ഷിച്ചിരുന്നു അങ്ങനെ വിദ്യയെ സംരക്ഷിച്ചു അതുകൊണ്ട് ബ്രാഹ്മണന് പ്രത്യേകിച്ച് അതുകൊണ്ട് ക്ഷത്രിയൻ ദുർബർത്തനാകത്തില്ല അങ്ങനെ ഒരു വിദ്യയെ യുടെ അധികാരിയാണ് ഭാഷകാരൻ കൂടെ പറഞ്ഞ് തുറവൃത്തൻ എന്തുകൊണ്ട് അയാൾ ക്ഷത്രിയനാകുന്നു ക്ഷത്രിയൻ നല്ലവനാകാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണന്റെ മേൽക്കോയ്മ പോകുന്നു ശ്രുതി അത് പറയുന്നില്ല ശ്രുതി എല്ലാവരും അംഗീകരിക്കുന്നു ശ്രുതി ബ്രാഹ്മണന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട് ക്ഷത്രിയന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ബ്രാഹ്മണൻ തന്റെ കയ്യിൽ ഇല്ലാത്ത വിദ്യ സ്വീകരിക്കുന്നതിനും ക്ഷത്രിയൻ്റെ അടുത്ത് പോയത് അതിന് ബ്രാഹ്മണരജ്ഞണ്ടായില്ല അത് ശ്രുതി പറയുന്നില്ല ഒരു ഭാഷകാരം എന്ന് പറയുന്നു ഉപദേശിക്കുന്നത് കൊണ്ട് മാപ്പ് ചോദിക്കുന്നു ഇതൊക്കെ കൃത്രിമമാണ് കൂട്ടിച്ചേർത്താണ് ഇതെല്ലാം ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നും പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കാത്ത പേരെ വെച്ച് പഠിക്കുക അനുശാസിതവന്ത ബ്രാഹ്മണയുടെ പ്രാപിച്ചിട്ടില്ല ഇത് ശ്രുതി പറയുന്ന നജബ്രാഹ്മണ അനയാ വിദ്യ അനുശാസിതവന്ത ഈ വിദ്യയിലൂടെ ബ്രാഹ്മണന്മാർ എന്താണോ ഉപദേശിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തസ്മാത് സർവേഷു ലോകേഷു ക്ഷ പ്രശാസനഭൂ അതുകൊണ്ട് പറയുന്നത് സർവ്വലോകങ്ങളിലും ക്ഷത്രിയന്റെ പ്രശാസനമായിരുന്നു അഭൂത് മുമ്പ് അങ്ങനെയായിരുന്നു വിദ്യക്ഷത്രിയന്റെ കയ്യിലായിരുന്നു പ്രശാസനം എന്ന് പറയുന്നതിനുള്ള ഭാഷകാരം പറയും ചുരുക്കിയത് അത് ഈ വിദ്യ സംബന്ധിച്ച് മാത്രമാണ് പക്ഷെ ശ്രുതി പറയുന്നത് അങ്ങനെയല്ല പുരാവി സർവേഷ് ലോകേഷു പറയുന്നു എന്നാ സർവ മനുഷ്യരുടെ ഇടയിലും ക്ഷത്ര സൈവ പ്രശാസന ക്ഷത്രിയനായിരുന്നു വിദ്യയുടെ അവകാശം വിദ്യ ഉപദേശം ക്ഷത്രിയനായിരുന്നു എന്താ അങ്ങനെ പറയുന്നു ഈ വിദ്യയൊക്കെ ഇവിടെ ബ്രാഹ്മണനാണ് സംരക്ഷിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രുതി ഇങ്ങനെ പറയുന്നു ശ്രുതിക്ക് പക്ഷപാതമുണ്ട് ശ്രുതിക്ക് ബ്രാഹ്മണ വിദ്വേഷമുണ്ട് അതില്ല ഉള്ള സത്യം പറയുകയാണ് സർവേഷു ലോകേഷു ക്ഷത്രേവ ക്ഷത്രജാതയരേവ അവിടെ ഭാഷകാരനത് മാറ്റിയിട്ടൊന്നും മറ്റാ ഒക്കത്തില്ല ക്ഷത്രിയ ജാതിക്കായരുന്നോ അനയ അവിടെ ഒന്ന് ചുരുക്കിയെന്താണ് ഈ വിദ്യ എന്ന് പക്ഷെ ശ്രദ്ധ തന്നെ പറയുന്നത് വിദ്യ എന്ന് പറയുന്നുള്ളൂ ഈ വിദ്യ എന്ന് പറയുന്നില്ല അറിവ് ക്ഷത്രിയൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു പക്ഷെ അത് അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയ നീചനെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞ് ഈ വിദ്യ മാത്രം പ്രശാസനം പ്രശാസ്ത്വം ശിഷ്യാണ് അഭൂ ബഭുവ സ്വീകരിക്കുന്ന ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഈ വിദ്യയുടെ ഒന്നൊരു ക്ഷത്രിയനായിരുന്നു എന്നും ചുരുക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറയുന്നതിനൊക്കെ എത്രമാത്രം അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നു ഗോത്രങ്ങൾക്കനുസരിച്ചാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ഗോത്രം ക്ഷത്രിയൻ എന്നു പറയുന്ന ഗോത്രം അതിന് നല്ല ആൾക്കാരും ീത്ത ആൾക്കാരുണ്ടായിരുന്നു അറിവുള്ളവരും അറിവില്ലാത്തവരുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇവിടെ പറയുന്നത് ക്ഷത്രജാതി അപ്പൊ ഈ വിദ്യയും മറ്റും ക്ഷത്രിയനുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു ആ ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനിലേക്ക് പോയി വിദ്യ തിരിച്ച സംഭവിച്ചിരിക്കും ബ്രാഹ്മണിൽ നിന്ന് ക്ഷത്രിയിലേക്ക് വന്നു അന്ന് ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളൊന്നും ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ ശ്രേഷ്ഠനെന്നും ക്ഷത്രിയൻ നീചനെന്നും അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല തഥാപി അഹം ഏതാം തുഭ്യം ഭക്ഷ്യാമി പറയുന്നത് നമ്മുടെ പരമ്പരയിൽ ഉണ്ടാവുന്ന ഒരു വിദ്യയാണ് എങ്കിലും ഇവിടെ ഒന്ന് ചോദിച്ചു ചിരമ്മസ വളരെ കാലം കൂടെ താമസിച്ചു വിദ്യയെ യോഗ്യത നേടി അതുകൊണ്ട് ഞാനതിനോട് പറയുന്നു സർവേഷു ലോകേഷു ക്ഷീവ പ്രശാസന അഭൂതം എന്നുള്ളതിന് ഇന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് ഒരു കാലത്തിൽ ക്ഷത്രിയനായിരുന്നു ആധിപത്യം സർവത്തിൽ വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടതാണ് അത് ബ്രാഹ്മണിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട് ഭാഷ്യകാരൻ എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല അറിവില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല അങ്ങനെ ആയിരുന്നു ഇല്ലേ എന്നൊന്നും ഇന്ന് പറയാൻ പക്ഷെ ഭാഷ്യക്കാരൻ എന്നെ ചുരുക്കി ഈ ഒരു വിദ്യയെ സംബന്ധിച്ച് മാത്രം അവിടെ ആധിപത്യം ക്ഷത്രിയനായിരുന്നു അത് ഇതുവരെ ബ്രാഹ്മണന് പോയിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഊർധ്വം ബ്രാഹ്മണൻ കഴിഞ്ഞു ശരി ഇനി ഇത് ബ്രാഹ്മണരിലും ഈ വിദ്യ എത്തിച്ചേരുന്നു അപ്പൊ ഇതൊക്കെ സംരക്ഷിച്ചതും ഇതിന്റെയൊക്കെ അവകാശികളും ബ്രാഹ്മണർ മാത്രമാണെന്ന് പറയുന്നതിനെ ശ്രുതി തന്നെ തിരുത്തുകയാണ് അത് ശരിയല്ല ഇത് മാത്രമല്ല എല്ലാവരിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമല്ല ആദിവാസികളിലും ഈ വിദ്യ ഉണ്ടായിരുന്നു എന്ന് ശ്രുതി എന്നെ വേറെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതോ മയാ അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു നീ എന്നോട് ക്ഷമിക്കണം എന്തിനാ ക്ഷമിക്കുന്നു ശ്രുതിയിലുള്ളതല്ല വാശികാരം പറയുകയാണ് ഗുരു ശിഷ്യനോട് മാപ്പ് ചോദിക്കുന്നു എന്തുകൊണ്ട് ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട് മയാ യദുപ്തം തച്ഛന്തും ഞാൻ പറഞ്ഞേക്കാൻ നീ ക്ഷമിക്കണം എന്താ അവിടെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഞാനും പറയുന്നത് ആജ്ഞാപിച്ചു ബ്രാഹ്മണനോട് നീ ഇവിടെ ദീർഘകാലം താമസിക്കണമെന്നും മറ്റും ആജ്ഞാപിച്ചത് അത് ശരിയായില്ല അതിന് മാപ്പ് ചോദിക്കുന്നു ഗുരു ശിഷ്യനോട് പിന്നെ ഗുരു മാപ്പ് ചോദിക്കണം അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കയാണ് ഇതിനാണ് ക്ഷത്രിയനേക്കാൾ മേലെയാണ് അത് ഈ ഒരു സന്ദർഭത്തിലുള്ള വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണെങ്കിൽ അത് കുറച്ചെങ്ങനെ ചോദിച്ചാൽ ഇവിടെ അതുതരത്തിന് ചോദിക്കുന്ന കാര്യ എന്നാണ് അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ ഇത് വായിക്കുന്നവരെല്ലാം മണ്ടന്മാരായിരിക്കും എന്ന് കരുതിയിട്ടാണോ എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു മയായു ദുഃഖം തച്ഛന്തു അർഹസി ഞാൻ പറഞ്ഞതെല്ലാം നീ ക്ഷമിക്കണം ശ്രുതി പറഞ്ഞ അതല്ല സർവേഷു ലോകേഷു ക്ഷീവ പ്രശാസനു വിധി തസ്മേഹോ വാച എന്ന് പറഞ്ഞിട്ട് വിദ്യയുടെ പാരമ്പര്യത്തെയും മഹത്വത്തെയും പറഞ്ഞിട്ട് തസ്മീഹോ വാച അവനോട് ഉപദേശിച്ചിട്ട് ആ വിദ്യ ഉപദേശിച്ച ഉപാസനെ ഉപദേശിച്ച നേരത്തെ പറഞ്ഞല്ലോ ദേവകീപുത്രായ കൃഷ്ണായ ഉവാചഈ വിദ്യ ദേവകീപുത്രനായ കൃഷ്ണൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു അത് ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഗീതയിലെ കൃഷ്ണൻ തന്നെയെന്നുള്ള ഇതുവരെ തെളിവായി പറയുന്നു കാരണം കൃഷ്ണനും പറയുന്നുണ്ട് ഏവം പരമ്പരാപ്രാപ്തം ഇവം രാജഷയോ വിതഹ പരമ്പരാപ്രാപ്തമായ വിദ്യ രാജർഷിമാരറിഞ്ഞിരുന്നുയന്മാർ രാജർഷി എന്നു പറഞ്ഞ ക്ഷരായ ഋഷിമാര് ക്ഷോത്രത്തിൽപ്പെട്ട ഋഷിമാര് അതാണെങ്കിൽ ഇവിടെയാണ് തന്നെ പറയുന്നത് ഈ വിദ്യ ക്ഷത്രീയ പരമ്പരയിലൂടെയായിരുന്നു തസ്മിഹോച വിദ്യാം രാജ അങ്ങനെ ആ ഗൗതമന് രാജാവിന് വിദ്യയെ ഉപദേശിച്ചു എന്നും പറഞ്ഞിട്ടടുത്ത് അഞ്ച് ചോദ്യത്തിന് സമാധാനം പറയുന്നു കഞ്ചാഗിന് വിദ്യയും ഉപ്പാസനെയും ഉപദേശിക്കുന്നു അപ്പം ഇത് ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത് ചിന്തിക്കാൻ വേണ്ടി പറയൂ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വിശവുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അതിനും നിരോധമൊന്നുമില്ല പക്ഷെ അതിന് തയ്യാറായി വരണം എന്ന് മാത്രം